ധ്യായം പതിമൂന്ന് യോശുവ വയസ്സു ചെന്ന് വൃദ്ധനായപ്പോൾ ഈ യഹോവ അവനോട് അരുളിച്ചെയ്തത് നീ വൈസു ചെന്ന് ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട് ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രൈമിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്ന യക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യദേശങ്ങൾ ഒക്കെയും ഗശൂര്യനും ഗസാത്യൻ അസ്തോദ്യൻ അസ്കലൂന്യൻ ഗിത്യൻ യക്രോന്യൻ എന്നീ അഞ്ച് ഫെലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അഫേക്കുവരെയും അമോര്യരുടെ അതിർവരെയുള്ള കനാന്യരുടെ ദേശമൊക്കെയും സീതോന്യർക്കുള്ള മെയാരയും ഗിബല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദു മുതൽ ഹാമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ മുതൽ മിസ്രെഫോത്മയിം വരെയുള്ള പർവ്വത നിവാസികളൊക്കെയും എല്ലാ സീതോന്യും തന്നെ ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ യേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി ആകയാൽ ഈ ദേശം ഒൻപത് ഗോത്രങ്ങൾക്കും മനശയുടെ പാതിഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കാം അവനോടുകൂടെ രൂപന്യരും ഗാദ്യരും മോശ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീപോൻ വരെയുള്ള സമഭൂമി മുഴുവനും അമോന്യരുടെ അതിർ ഹെഷ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലയാദും ഗശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും ഹെർമോൻ പർവ്വതം ഒക്കെയും സൽക്ക വരെയുള്ള ബാഷാൻ മുഴുവനും അസ്താരോത്തിലും യദ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാഷാനിലെ ഓഗിന്റെ രാജ്യം ഒക്കെയും തന്നെ ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ ഗശൂര്യരെയും മാഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല അവർ ഇന്നുവരെയും ഇസ്രയേലിയരുടെ ഇടയിൽ പാർത്തുവരുന്നു ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താനവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു എന്നാൽ മോശ രൂപൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ അരുവേരും താഴ്വരിയുടെ നടുവിലെ പട്ടണവും മുതൽ മേധബയോടു ചേർന്ന സമഭൂമി മുഴുവനും ഹെഷ്ബോനും സമഭൂമിയിലുള്ള അതിന്റെ എല്ലാ പഠനങ്ങളും ദീപോനും ബാമോത് ബാലും ബേത്ബാൽ മേയോനും യഹ്സയും കെതേമോത്തും മേഫാത്തും കിരിയത്തയീമും സിബ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ഷഹരും ബേത്പയൂരും പിസ്ഗാ ചെരുവുകളും ബേത്ത് യശിമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെഷ്ബോനിൽ വാണിരുന്ന അമൂര്യരാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായി ദേശത്തു പാർത്തിരുന്ന എ വി രേക്കം സൂർ ഹൂർ രേബ മിത്യാന്യ പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു ഇസ്രയേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾകൊണ്ട് കൊന്നു രൂപന്യരുടെ അതിർ യോർദാനായിരുന്നു ഈ പട്ടണങ്ങൾ യഹോവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂപന്യർക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം പിന്നെ മോശ ഗാദ് ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു അവരുടെ ദേശം യെസേരും ഗിലയാദിലെ എല്ലാ പട്ടണങ്ങളും രബ്ബയുടെ നേരെയുള്ള അരോവേർ വരെ അമോന്യരുടെ പാതിദേശവും ഹെഷ്ബോൻ മുതൽ രാമത് നിസ്പയും ബദോനീമം വരെയും മഹനെയും മുതൽ ദബീറിന്റെ അതിർവരെയും താഴ്വരയിൽ ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത്ത്ഹാര ബേത്ത് നിമ്ര സുക്കോത് സാഫോൻ എന്നിവയും തന്നെ യോർദാനക്കരെ കിഴക്ക് കിന്നരോ തടാകത്തിന്റെ അറുതി വരെ യോർദാനതിന് അതിരായിരുന്നു ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബം കുടുംബമായി ഖാദിർക്ക് കിട്ടിയ അവകാശം പിന്നെ മോശാൻ മനശിയുടെ പാതിഗോത്രത്തിന് അവകാശം കൊടുത്തു കുടുംബം കുടുംബമായി മനശിയുടെ പാതിഗോത്രത്തിനുള്ള അവകാശം ഇത് അവരുടെ ദേശം മുതൽ ബാഷാൻ മുഴുവനും രാജാവായ ഓകിന്റെ രാജ്യമൊക്കെയും ബാഷാനിൽ യായിരന്റെ ഊരുകൾ എല്ലാം കൂടി അറുപത് പട്ടണങ്ങളും പാതി ഗിലയാദും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരൂത്ത് യദ്രയി എന്നിവയും തന്നെ ഇവ മനഷയുടെ മകനായ ഖീറിന്റെ മക്കൾക്ക് മാഖീറിന്റെ മക്കളിൽ പാതിപ്പേർക്കു തന്നെ കുടുംബം കുടുംബമായി കിട്ടി ഇത് മോശ എരിഹോമിന് കിഴക്ക് യോർദാനക്കരെ മോവാ സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശം ആകുന്നു ലേവിഗോത്രത്തിനോ മോശ ഒരവകാശവും കൊടുത്തില്ല ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശം ആകുന്നു